ആരാണോ അങ്ങനെ മനസ്സിനപ്പുറം പോയവൻ അവനെ ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാം ഈ മനസ്സ് പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റില്ല അയാളുടെ മനസ്സിന്ന് അനുസരിക്കാൻ പറഞ്ഞാ അനുസരിക്കും നാളെ അനുസരിക്കില്ല അപ്പോ അങ്ങനെ മനസ്സിനെ അതിക്രമിക്കാനാണ് നിഷ് എന്ന് ഋഷികൾ വിധിച്ചത് മനസ്സിനെ ഈ ഡെയിലി റൂട്ടീൻ ഒന്നും അതുകൊണ്ട് മനസ്സിന്റെ സപ്പോർട്ടില്ലാതെ ദേവപൂജ ചെയ്യുന്നു ദ്വിജപൂജ ചെയ്യുന്നു ഗുരുപൂജ ചെയ്യുന്നു ജ്ഞാനികളെ പൂജിക്കുന്നു ശൌചം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ധർമ്മം ധർമ്മം എന്താ ക്ലൻസിങ് ഇപ്പൊ തുണിയിൽ ചളിയായ കഴുകിക്കളയണം അതുപോലെ ഒരുപാട് ധനം കയ്യിലുണ്ടെങ്കിൽ ബോട്ടിൽ പോകുമ്പോ ഒരാളുടെ ബോട്ടില് ഈ കാശിയിലൊക്കെ പോയാൽ തോണിയിൽ പോയാൽ തോണിയിലൊക്കെ ഓട്ടേ നമ്മൾ ആദ്യമായിട്ട് പോകണമെങ്കിൽ നമുക്ക് പേടി തോന്നും ഉള്ളില് വെള്ളം വന്നോണ്ടേ ഇരിക്കും തോണിക്കാരൻ ഒരു പേടി ഉണ്ടാവില്ലേ അയാള് പറയും ഒന്നും പേടിക്കണ്ട അത് വരും നമ്മള് പുറത്തേക്ക് എടുത്ത് കളയുക കുറച്ച് ചെറിയ ഓട്ടുണ്ടാവും അത് വെള്ളം കയറുമ്പോ തന്നെ ഒരു പാത്രം ഉള്ളില് വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് കോരിയിട്ട് വീണ്ടും ഗംഗേലിക്ക് ഒഴിക്കും ഇതാണ് ഒരു ഗൃഹസ്ഥനും ചെയ്യേണ്ടത് ഒരുപാട് സമ്പത്ത് അങ്ങനെ കൂടിയാ എന്തെങ്കിലും ഒരു യജ്ഞം ചെയ്ത് അത് എടുത്തങ്ങട്ട് പുറത്തേക്ക് കളയണം കളഞ്ഞോണ്ടേ ഇരുന്നാത്ത കൂടിക്കൂടിയിരുന്ന തോണിമുങ്ങും അല്ലേ ഈ യജ്ഞം കൊണ്ട് യജിച്ച് കയ്യിലുള്ളതിനെ നീക്കണതുണ്ടല്ലോ അതൊരു ശൗചമാണ് അതുകൊണ്ടാണ് മഹാഭാരതത്തിലെ ഭീഷ്മർ പറഞ്ഞു യജ്ഞാർത്ഥം യസ്യ വിത്തേഹ വരം തസ്യ നിരീഹത പ്രക്ഷാളനാധിപങ്ക ദൂരാത് അസ്പർശനം വരം യജ്ഞത്തിന് വേണ്ടി ഞാൻ സമ്പാദിക്കുകയാണെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അയാൾ സമ്പാദിക്കാതിരിക്കണതാണ് ബെറ്റർ എന്നാണ് യജ്ഞത്തിന് വേണ്ടി സമ്പാദിക്കുന്നതിനേക്കാളും അയാൾ സമ്പാദിച്ചതിനെ വെച്ച് യജ്ഞം ചെയ്താൽ മതി സമ്പാദിച്ചതിൽ എത്രയുണ്ടോ അതുകൊണ്ട് യജ്ഞം ചെയ്യട്ടെ യജ്ഞത്തിന് വേണ്ടി അയാൾ ഒന്നും കർമ്മം ചെയ്യണ്ട അതിനൊരു ഉദാഹരണം പറയണത് ചളിയായിട്ടുണ്ടെങ്കിൽ ചളിയായതിനെ കഴുകിക്കളയണം കഴുകിക്കളയാൻ വേണ്ടി ആരെങ്കിലും ചളിയാക്കുമോ എന്നാണ് കഴുകിക്കളയണം അതുകൊണ്ട് ഇതിരിച്ചളിയാക്കുകയാണെന്ന് ചളിയാക്കോ അപ്പോ നമ്മളുടെ കയ്യിലുള്ള നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ തന്നെ യചിച്ച് ആർക്കാർക്ക് ആവശ്യമുണ്ടോ അവിടെയൊക്കെ കൊടക്കണേ ഇനി പറയാൻ പോണ ദാനമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ശൗചമാണ് അതൊക്കെ മലത്യാഗമാണ് നമ്മൾ ലൈറ്റാവും ആയുർവേദത്തിൽ തന്നെ പറയണത് പല വ്യാധികൾക്കും മരുന്ന് ദാനാണ് ചില രോഗങ്ങൾക്കൊക്കെ ചിലർ പറയും നിങ്ങൾ കുറെ അങ്ങോട്ട് കൊടുക്കുക ഒക്കെ ശരിയായി കൊടുക്കും ഋഷികളൊക്കെ വിധിക്കണ പ്രായശ്യത്തുണ്ടങ്ങനെ ചില രാജേഷ്മാ പോലെയുള്ള വ്യാധികൾക്കൊക്കെ വൈദികമായിട്ട് തന്നെ ചില അനുഷ്ഠാനങ്ങളും പ്രായശ്യത്വമൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്ത് പ്രായശ്യത്വം ചെയ്ത് നോക്കാനാണ് കുറെ കൊടുക്കുകയെ അപ്പൊ അതൊക്കെ കൊടുത്ത് കഴിയുമ്പോ നാടികളിലും നരമ്പുകളിലും ഒരു ലൈറ്റ്നെസ് വരും അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ഈ അഭിമാനെ ഈ സ്വത്വം അത് കുറെ അങ്ങോട്ട് യജിച്ചങ്ങട്ട് നീക്കിയ കുറെ മല അങ്ങോട്ട് പോകുമ്പോ ശൌചം ഋഷികളെ എത്ര സൂക്ഷ്മദർശികളാണ് നോക്കൂ ശൗചം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഒഴിച്ച് സോപ്പ് തേച്ച് കുളിക്കൽ മാത്രമല്ല ഫിസിക്കലി ദർ ആർ പ്രോസസസ് ടു ക്ലെൻസ് ദ നെർവസ് സിസ്റ്റം ദ സെൽസ് അപ്പൊ അതൊക്കെ ശൗചമാണ് ഇങ്ങനെ ഒക്കെ കൊണ്ട് ശൗചം കൊണ്ട് ആർജവമും ആർജവം ഉണ്ടാകുമ്പോ ബ്രഹ്മചര്യമും അഹിംസയും ഒക്കെ വരും ഇതൊക്കെ ശാരീരികമായ ഫിസിക്കലായ തപസ്സാണ് എന്ന് ഭഗവാൻ പറഞ്ഞു ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ഭഗവാൻ ഇവിടെ ശരീരപ്രധാനമായ തപസ് പറഞ്ഞു കാരണങ്ങൾ കർത്തൃത്വം കൊണ്ടും ചെയ്യണ്ടതായ ശാരീരം തപഹാം അധിഷ്ഠാനം തഥാ കർത്ത കരണം പൃഥക്വിധം വിവിധ പൃഥക് ചേഷ്ട ദൈവം ചെയ്യാത്ര പഞ്ചമം എന്ന് പറഞ്ഞ അഞ്ചു കാരണങ്ങളെ കർമ്മത്തിന്റെ സക്സസ്ഫുൾ എക്സിക്യൂഷനായിട്ട് ഭഗവാൻ ഇനി പറയാൻ പോണു എന്ന് ഭാഷ്യകാരനോട് പറയണു ഇനി പറയാൻ അതൊക്കെ കൂടിയിട്ടുള്ള ചെയ്യേണ്ടതാണ് ശാരീരികമായ കർമ്മം ഇനിയിപ്പോച്ചൽ നമ്മൾ കാണാം അനുദ്വേകം സത്യം പ്രിയഹിതം ചെയ്യത് സ്വാധ്യയാഭ്യസനം ചെയപ ഉച്ച അനുദ്ദേഗം സത്യം സ്വാധ്യസനം അനുദ്വേഗം വാക്നുഖകരം ദേവതകൾ പ്രസാദിച്ച് നൽകിയ ഋഷികൾക്കായിട്ട് കൊടുത്ത ഒരു ശക്തിയാണ് വാക്ക് അജനയന്ത്ര ദേവാം വാചം ഈ വാക്ക് വാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ വേദമെന്നർത്ഥം ശബ്ദ ബ്രഹ്മം എന്നർത്ഥം ഒരാളുടെ ശബ്ദം കേട്ടാൽ ആ വ്യക്തി എത്തരത്തിലുള്ള ആളാണ് എന്ന് നിരൂപണം ചെയ്യാം ഹനുമാന്റെ ശബ്ദം കേട്ടിട്ട് വാൽമീകി രാമായണത്തില് രാമൻ ഹനുമാന്റെ ശബ്ദം കേട്ടിട്ട് പറയുന്നു ഇവൻ ഋഷിയാണ് അവന്റെ ശബ്ദം നോക്ക നാഭിയിൽ നിന്നും ഹൃദയത്തിൽ സ്പർശിച്ച് കണ്ഠത്തിലൂടെ പുറത്തേക്ക് വരണം ഈ ആശയം വെച്ചുകൊണ്ടാണ് ത്യാഗരാജസ്വാമികൾ ഒരു കീർത്തനത്തിൽ ഹനുമാന്റെ ശബ്ദഭംഗി വെച്ചുകൊണ്ടാണത് ആ ശബ്ദം കേട്ടിട്ട് രാമൻ പറയുന്നു ഇവൻ ഋഗ്വേദിയാണ് യജുർവേദിയാണ് സാമവേദിയാണ് ഇവന്റെ വാക്കല് ബ്രാഹ്മമുണ്ട് വാക്കിൽ തന്നെ ഉണ്ടെന്നാണ് അതായത് ഈ ലക്ഷണം പറയും വേദത്തിന്റെ അംഗങ്ങളായിട്ട് പറയണതിൽ ഒരു ലക്ഷണശാസ്ത്രം ശിക്ഷ കല്പം വ്യാകരണം നിരുക്തം ഛന്തസ് ജ്യോതിഷം ഇതില് ലക്ഷണം പറയുമ്പോ വാക്കിന് ഓരോരോ അക്ഷരങ്ങളുണ്ടല്ലോ അതില് ബ്രാഹ്മം ക്ഷാത്രമൊക്കെ ഉണ്ട് നാല് വർണ്ണങ്ങൾ എന്ന് പറയുന്നത് സ്വഭാവത്തിനനുസരിച്ചാണ് നമ്മൾ പറയണ്ടല്ലോ വാക്കിൽ തന്നെ ഉണ്ടെന്നാണ് ശബ്ദത്തിന്റെ ഉച്ചാരണത്തിൽ തന്നെ ബ്രാഹ്മമായ ശബ്ദം ക്ഷാത്രമായ ശബ്ദം ഒരു ഉദാഹരണം പറഞ്ഞാൽ നിനക്കറിയാം ഒരാൾ വീട്ടിലേക്ക് വരുമ്പോ വരണ ആളുടെ അടുത്ത് ഹൃദ്യമായ ഭാവത്തോടെ യാതൊരുവിധ അഭിമാനമില്ലാതെ വരൂ എന്ന് പറഞ്ഞ് അവനെ അതിഥിയെ വിളിച്ചാൽ ബ്രാഹ്മമായി അയാളുടെ അടുത്ത് ഒരു കാര്യം നടത്താനായിട്ട് എങ്ങോട്ട് വരൂ എന്ന് വിളിച്ചാൽ ക്ഷാത്രമായി വരൂ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കാര്യം നടക്കാനുണ്ടേ ബിസിനസ് നടക്കണം അതിനു വേണ്ടിയിട്ട് ഒരു കടയിലൊക്കെ ഇപ്പോ ചില വിളിക്കില്ലേ അവർ വിളിക്കണെ നമ്മളുടെ അടുത്ത് എന്തൊരു സ്നേഹമാണെന്ന് തോന്നും വൈശ്യം പിന്നെ ഒരു ദീനഭാവത്തോടു കൂടെ നിങ്ങളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് സേവ ചെയ്യാൻ നിൽക്കുന്നു ഇങ്ങനെ നാല് വർണ്ണങ്ങളും ഈ ശബ്ദത്തിൽ തന്നെ ഉണ്ടെന്ന് ശബ്ദത്തില് വാക്ക് എന്ന് പറയുന്നത് ദേവതയാണ് വാക്ക് പ്രാണനാണ് വാക്ക് ഊർജമാണ് വാക്ക് തന്നെ വജനമായിട്ട് തീരും വാക്ക് അനുഗ്രഹിക്കും വാക്ക് ആനന്ദിപ്പിക്കും എല്ലാം ചെയ്യും ഭാഗവിതത്തിലെ പരീക്ഷത്തിന് ആ ഷമീകൻ ശപിച്ചപ്പോ വാഗ് വജ്രം വിസസർജികളുടെ കയ്യിൽ ചിലപ്പോ വാക്ക് വജ്രമായിട്ട് തീരും ഈ വേനൻ എന്ന് പറയുന്ന രാജാവ് ഒരുപാട് അധാർമിയായപ്പോ അവസാനം ഋഷികൾ ഒന്നേ പറഞ്ഞുള്ളൂ ഹും എന്ന് പറഞ്ഞു അത്രേ അയാള് അപ്പതന്നെ മരിച്ചുപോയിടൂന്നാണ് ചില സൗണ്ടൊക്കെ ഇത്ര ഡിഗ്രിക്ക് മേലെ അതിന്റെ ഫ്രീക്വൻസി പോയാൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സൂപ്രാസോണിക് എന്ന് പറയും അൾട്രാസോണിക് എന്നൊക്കെ പറയും ചുവട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും അതിന് ഫ്രീക്വൻസി ചുവട്ടിൽ വന്നു ഈ മോളുള്ള ഫ്രീക്വൻസിയിൽ ശബ്ദം ഉണ്ടാക്കിയ ആളുകൾ അത് ഒരു ഒരു ലെവലിന്റെ മേലെ പോയാൽ ചില സൗണ്ട് കുറെ നേരം കേട്ടാ വാക്കിന്റെ ശബ്ദത്തിനെ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണത് സൗണ്ട് ലൈറ്റ് എനർജി ഇത് മൂന്നും ഒന്നാണ് എതിനെയാണ് സിദ്ധാന്തക്കാര് പാടുവളെ മുരക്കല ബിന്ദു കലാദി നമോ നമ ഞാന പണ്ഡിത സ്വാമി നമോ നമ നാദം ബിന്ദു കല സൗണ്ട് ലൈറ്റ് എനർജി അപ്പൊ സൗണ്ട് നാദം ശബ്ദ ബ്രഹ്മ ഭഗവാൻ പറഞ്ഞു ശബ്ദ ബ്രഹ്മ പരം ബ്രഹ്മ മമോഭേ ശാശ്വതീ തനുഹു ശബ്ദബ്രഹ്മും പരബ്രഹ്മമും എന്റെ രണ്ട് ശരീരമാണ് എന്ന് ഭാഗവതത്തില് പറഞ്ഞു മമോഭേ ശാശ്വതീ തനുഹു ആ ശബ്ദം മനുഷ്യന്റെ ഉള്ളിൽ വാക്കായിട്ട് മാറണോ ആ വാക്ക് മനുഷ്യരിലെ അധികമായും സ്ഥൂലമായ ഭാഷ എന്നുള്ള ലെവലിൽ നിൽക്കും ഋഷികളുടെ അടുത്ത് വരുമ്പോ വാക്കിന് ആത്മതത്വത്തിനെ പ്രകാശിപ്പിക്കാനുള്ള ശക്തി ഉണ്ടാവും ബൃഹദ്വദേമ വി സുവീരാഹ വേദം ചല് ബൃഹദ്വദേമ ബ്രഹ്മത്തിനെ ബ്രഹ്മത്തെ നാല് അപ്പൊ മുടും ചൊല്ല മുടിയും അപു വേദം എപ്പി ചൊല്ലി വാക് പരിമിതാപാനി അന്ത്രം എന്നു പാദങ്ങളെയും സ്പർശം ഋഷികൾക്ക് ബ്രാഹ്മണേ മനീഷിനാകാല പാദത്തെയും സ്പർശം വരക്കൂടി വാക്ക് വന്ന് മൂലപ്പൊരു പ്രകാശപ്പെടുത്ത ശക്തിയോട് വരത് സാധാരണ മനുഷ്യാലോ അത് ചതുർത്തുവാന്ന് പോയിട്ട് സാധാരണ മനുഷ്യർക്കും വായും ഹൃദയത്തിലു പാദം സ്മർശമണി വരപോത് അർത്ത ഋഷിയോടൊ അനുഭൂതി ഉക്കാൻ കരുത് വാക്കിനകത്തെ ഋഷിയുടെ അനുഭവം പരാവാക്ക് പശ്യന്തി വാക്കലും മധ്യമാവാക്കലും വൈഖരി വാക്കലും ഉൾക്കൊണ്ടുവരണം അങ്ങനെയുള്ള വാക്കാണ് ഒരു ഗുരു പറയുമ്പോ ശിഷ്യന്റെ ഉള്ളിലുള്ള അജ്ഞാനത്തിനെ നീക്കി ആത്മസാക്ഷാത്കാരത്തിന് നൽകുന്നത് വാക്കിന്റെ മഹിമ പറയാനാണ് ഇത്രയൊക്കെ പറഞ്ഞത് വാക്കും അതിന്റെ അർത്ഥവും പാർവതീപരമേശ്വരന്മാരെ പോലെയാണ് എന്നാണ് കാളിദാസൻ പറഞ്ഞത് പ്രസിദ്ധമായ ശ്ലോകം വാഗർത്താവിവ സംപൃത്തയേ ജഗതൗ വന്ദേശ്വരൗ വാഗർത്താവിവ സംപൃതൗ വാക്കും അർത്ഥവും പോലെ പിരിയാതിരിക്കണം വാഗർഥപ്രതിപത്തയേ ആ വാക്കിന്റെ അർത്ഥം ഉപനിഷർത്ഥം പ്രകാശിക്കാനായിട്ട് പാർവതി പരമേശ്വരന്മാരെ സ്മരിക്കുന്നു ഇതൊക്കെ വാക്കിന്റെ മഹിമയെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പൊ നമുക്ക് സംസാരിക്കാൻ പറയണതുണ്ടല്ലോ മലയാളത്തിൽ ഇപ്പൊ ആരാ അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ല മള്ളിയൂരൊരിക്കോട് ഇങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു ആരോ ഒരു രസികനാണ് ഈ വർത്തമാനം വരണതിനെ മലയാളത്തിൽ സംസാരിക്കുക എന്നാക്കിയത് എന്നാണ് എന്നുവെച്ചാൽ സംസാരം എന്ന് വെച്ചാ ദുഃഖം അത് പോയി വർത്തമാനം വരണതിനെ സംവാദം ചെയ്യണതിന് സംസാരിക്കുക ആരോ രസികൻ ഉണ്ടാക്കിയത് കാരണം വർത്തമാനം പറഞ്ഞിട്ടാണ് ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കണത് അല്ലേ വർത്തമാനം പറഞ്ഞത് എത്ര കൊഴപ്പാണ് വരണത് ഒരു ദിവസം മൗനമായിട്ടിരുന്നാ അറിയാം എത്ര കുഴപ്പങ്ങൾ പോണു എന്നുള്ളത് എത്ര അനാവശ്യമായിട്ട് വർത്തമാനം വരണെന്നുള്ളത് മൗനവ്രതം എടുത്താൽ കുറച്ച് മനസ്സിലാവും അതൊരു നല്ല ഡിസിപ്ലിൻ ഫിസിക്കൽ വെർബൽ മൗനം ഒന്നും ഉണ്ടല്ല എന്നൊരാഴ്ചയിൽ ഒരു ദിവസം തീരുമാനിച്ചാൽ പലതും വരും ഉള്ളില് നമ്മൾ പറയില്ല അപ്പൊ പല പ്രശ്നങ്ങളും ഒഴിവായി പോകും അപ്പൊ നമുക്കറിയാം പറയാത്തത് കൊണ്ട് എത്ര നന്നായി ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ലെങ്കിൽ എത്ര രക്ഷപ്പെടും ഒരു ദിവസം ഈ നാവുണ്ടല്ലോ ആ നാവ് പല്ലിൻ്റെ അടുത്ത് പറഞ്ഞു ഹേ പല്ലേ നീ എത്ര നല്ല കർമ്മയോഗിയാണ് മുറുക്കൊക്കെ വന്നാൽ പൊടിച്ച് എനിക്ക് തരണു നീ ഒന്നും രുചിക്കണില്ല നീ ഒക്കെ ഗ്രൈൻഡ് ചെയ്ത് എനിക്ക് തരണു നിനക്ക് ഒന്നും എടുക്കണില്ല അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ചെയ്യണം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നാവ് പല്ലിൻ്റെ അടുത്ത് പല്ല് നാവിന്റെ അടുത്ത് അപ്പൊ നാവ് പല്ലിന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ പല്ലു പറഞ്ഞു നാവന്റെ അടുത്ത് നീ ഒരു ഉപകാരം ചെയ്യണ്ടപ്പാ അല്ല എന്തെങ്കിലും ചെയ്യണം പറയൂ അങ്ങനെ വേണമെന്നുണ്ടെങ്കില് ഈ മറ്റുള്ളവരെ കുറിച്ച് വലിച്ച വർത്തമാനം പറയാതിരിക്ക നീ പറഞ്ഞിട്ട് ഉള്ളില് പോണു അവര് അടിച്ചു പല്ലുകൊഴിക്കും എന്ന് പറഞ്ഞു ജിഹ്വേ ബഹുമാവത ത്വയാ സ്ഥാനഭ്രംശോഭവേന്മ നീ പറഞ്ഞിട്ടകത്ത് പോയി അവരടിച്ച അടിയിൽ രണ്ട് പല്ലു പോയി എന്നാണ് പറയണത് നാവാരും ഒന്നും എടുക്കണില്ല അതുകൊണ്ട് ഈ വാക്ക് കൊണ്ട് എത്ര അപകടങ്ങൾ ഉണ്ടാവണുണ്ട് വാക്ക് കൊണ്ട് എത്ര വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് വാക്ക് തന്നെ അനുഗ്രഹിക്കണു വാക്ക് തന്നെ ഹീലിംഗ് ആണ് വാക്ക് തന്നെ സമാധാനം കൊടുക്കും ശാന്തി കൊടുക്കും സംഗീതം ഒക്കെ വാക്കിലുണ്ട് അപ്പൊ വാക്കിനെ ഇപ്പൊ ആദ്യം ശരീരത്തിനെ കൊണ്ട് തപസ് ചെയ്യിപ്പിച്ചു ഇപ്പൊ വാക്കിനെ എങ്ങനെ തപസ് ചെയ്യിപ്പിക്കണം വാക്ക് നമ്മളുടെ വളരെ പ്രധാനമായ ഒരു ഇന്ദ്രിയമാണ് ആ വാക്ക് നാവിന് വർത്തമാനം പറയാനും കഴിയും രുചിക്കാനും കഴിയും അതുകൊണ്ടതിന് രസന രസം ജാനാതി രസജ്ഞ അതുകൊണ്ട് അതിന് രസന എന്ന് പേര് നാവിന് സംസ്കൃതത്തിൽ പേര് രസമറിയോ അതിന് അതുകൊണ്ടാണ് സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികളുടെ പ്രസിദ്ധമായ പാട്ട് രസനയോട് പറയണത്ത് ഭഗവന്നാമത്തിന്റെ രസം ഒന്ന് അനുഭവിക്കൂന്നാണ് എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞു രസിക്കണു ബ്രൂഹിമുക്കുന്ദസനേ ൂഹി മുക്കുന്ദേത്തി കശവ മാധവോവിന്ദേതി കൃഷാനന്ദ സദാനന്ദേതി ബ്രൂഹമുക്കുന്ദേതി രാധാരമണ ഹരെതി ക്ഷഘന ശ്യമേ മുകുന്ദേതി പാട്ടിലൊന്നുമില്ല നാവിന്റെ അടുത്ത് പറയാണ് നീ ഭഗവാന്റെ നാമജപം ചെയ്യൂ അക്രൂരപ്രിയ ചക്രധരെ ഹംസ നിരഞ്ജന കംസഹരെ Praying, <trat <trat ീ രസനേ ബ്രൂഹിമുകുന്ദവിനൊരു ട്രെയിനിങ് നാവിനെ ശുദ്ധമാക്കാനായിട്ടുള്ള ഒരു അഭ്യാസം ജിഹ്വാ രസന വാക്കിന്റെ സ്ഥാനം അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു ഈ ശ്ലോകം വായിച്ചു നമ്മുടെ അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്യത് സ്വാധ്യയാഭ്യസനം ചെയ്ത് വാങ്മയം തപഉത്തെ അനുദ്വേഗകരം വാക്യം ഒരു വാക്ക് ശ്രോതാവിന് വികൽപ്പം ഉണ്ടാക്കാതിരിക്കണം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരിക്കണം ഉദ്വേഗം എന്ന് പറഞ്ഞാൽ വേഗം ഉദ്വേഗം വേഗമാണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മോഡേൺ ടെർമിനോളജി അതിന് ഡ്രൈവ് ചില വാക്ക് കേട്ട് കഴിഞ്ഞാൽ പല വിധത്തിലുള്ള വികാരങ്ങളും ഉള്ളിൽ ഉണ്ടാവും തമിഴിലെ വന്ന് ഉണർച്ച അപ ഉണർച്ചി വശപ്പെടുന്നത് ചില വാർത്ത കേട്ട ഉണർച്ച വന്നു തമിഴിലെ രണ്ട് വാർത്ത ഒന്ന് ഉണർച്ചി ഉണർവ് ഉണർവ് അപ ചൈതന്യം ഞാനികളോട് വാർത്ത ഉണർവ കൊടുക്കുന്നത് വികലമായ വാർത്ത വന്ന് ഉണർച്ച കൊടുക്ക ഉദ്വേഗം ഇമ്പൽസിൽ വകാരം ഉണ്ടാവും ആ വികാരം ഉണ്ടാവാത്ത വാക്കുകൾ പറയണതുണ്ടല്ലോ അതൊരു കലയാണ് ഒരു തപസ് ഇപ്പൊ മൗനം എന്ന് പറയണതിനെ ഭഗവാൻ മാനസിക തപസ്സിന്റെ തലത്തിലാണ് കൊണ്ടുവയ്ക്കുന്നത് ഏകനാഥസ്വാമി ഏകനാഥി ഭാഗവതത്തില് മൗനത്തിനെ വാചിക തപസ്സിൽ കൊണ്ടുവച്ചു വാചിക തപസ്സിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു മൗനം എന്ന് പറഞ്ഞാൽ അലൗകിക ഭാഷ അലൗകിക ഭാഷ യൗകിക ഭാഷ അലൗകിക ഭാഷ അങ്ങനെ ഒരു ഭാഷയുണ്ടോ അത് സംസ്കൃതാണോ ദേവനാഗ ദേവഭാഷയാണോ അങ്ങനെയല്ല ഏത് ഭാഷ അനുദ്വേഗകരമാണോ അത് അലൗകിക ഭാഷ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതില് മൂന്ന് പുരുഷന്മാരും ഇല്ല എന്നാണ് പ്രഥമപുരുഷൻ മധ്യമ പുരുഷൻ ഉത്തമ പുരുഷൻ മൂന്നുമില്ലാത്ത അതായത് ഇറ്റ് ഇസ് നോട്ട് എ പേഴ്സണൽ കോൺവെർസേഷൻ വേദാന്ത വിചാരം ചെയ്യുമ്പോ ഞാൻ എന്നുള്ള ഈ പ്രഥമപുരുഷൻ അഹങ്കാരത്തിനവിടെ സ്ഥാനമില്ല നീ എന്ന് പറഞ്ഞു ഒരു പേഴ്സണലി ഒരാളെ കുറിച്ചും പറഞ്ഞില്ല അവൻ എന്ന് പറഞ്ഞു വേറെ ഒരു ക്യാരക്ടറും പിക്ചറൈസായില്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ ബ്രഹ്മവിദ്യ മാത്രമേ ഉള്ളൂ അത് ഒരു വിധത്തിലും എന്നെയോ വേറെ ഒരാളെയോ നിന്നെയോ മനസ്സെന്ന് പറഞ്ഞാൽ ഈ മൂതണ്ണാണോസ്മത് മതിവർജിതൈകാ സ്ഥിതിർജ്വലതി സഹജാത്മന സാത് സദർശനത്തിലൊരു ശ്ലോകാണ് ഞാൻ നീ അവൻ ഇതാണോ മനസ്സ് അതിൽ മുഖ്യം ഞാൻ എന്തും ഞാൻ എന്ന് പറഞ്ഞാല് എന്നെക്കുറിച്ച് അല്ലെ നമ്മൾ വർത്തമാനം പറയാൻ തുടങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞു എന്നെക്കുറിച്ച് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ വേറെ ഒരാളെക്കുറിച്ച് അയാളെക്കുറിച്ച് നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ മുമ്പിലിരിക്കണ എന്നെ നീ എന്റെ അടുത്ത് എന്താ പറഞ്ഞത് നീ അന്ന് പറഞ്ഞില്ലേ എനിക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെയാണ് നമ്മളുടെ ഭാഷയുടെ ഉപയോഗം ഉദ്വേഗമില്ലാത്ത ഭാഷ എന്ന് പറഞ്ഞാൽ അതിൽ കാര്യം മാത്രമേ ഉള്ളൂ ഇത് നോക്കിയാ മഹാപുരുഷന്മാർ പതുക്കെ പതുക്കെ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കും എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ പോലും ഉത്തരം നിർഗുണമായിട്ടേ വരള്ളൂ അതെ ഉദാഹരണമായിട്ട് എനിക്കിപ്പോ കിട്ടുന്നില്ല നമുക്ക് ഇതിനൊക്കെയാണ് ഈ സത്സംഗം മഹാപുരുഷ സമ്പർക്കം വേണ്ടത് സംസാരിക്കുമ്പോ പോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ വരണുണ്ടോ ചോദിച്ചാൽ ഈശ്വരച്ഛണ്ടെങ്കിൽ ആവട്ടെ അങ്ങനെ നടക്കാനുണ്ടെങ്കിൽ നടക്കും അത് ആ കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കാം കണ്ടു തീരുമാനിക്കാം ഉദ്വേഗമില്ലാത്ത വചനം ഈ വാക്ക് നമ്മളറിയാതെ ചിലതൊക്കെ എടുത്ത് വിട്ടുകളയും തള്ളിപ്പുറപ്പെടും അഹംബുദ്ധി കൊണ്ട് നീ കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമ അല്ലേ തള്ളിപ്പുറപ്പെട്ടുകളെയും വാക്കും നമ്മളറിയാതെ ആരെങ്കിലും എന്തോ പറഞ്ഞു ഞാൻ അറിയാതെ എന്തോ പറഞ്ഞു എന്താ ചെയ്യ പരസ്വഭാവർമാണീന പ്രശംസേന്ന ഗർഹേത് വിശ്വേകാത്മകം പശ്യൻ പ്രകൃത്യാപുരുഷേണ ചരസ്വഭാവ കർമാണി പ്രശംസീ നിന്ദതി സ ആശുഭ്രശ്യത്തെ സ്വാർഥാത് അസതി അഭിനിവതേ ഏകാദശ സ്കന്ധത്തില് ഭാഗവതത്തില് ഉദ്ധവോപദേശത്തില് ഭഗവാൻ പറഞ്ഞു ഏ ഉദ്ധവ ഒരു തപസ്സായിട്ട് എടുത്തുകൊള്ള മറ്റുള്ളവരുടെ സ്വഭാവത്തിനെ കുറിച്ചോ കർമ്മത്തിനെ കുറിച്ചോ സ്തുതിക്കും വേണ്ട നിന്ദിക്കും വേണ്ട വിശ്വമേകാത്മകം പശ്യൻ ഈ ജഗത്ത് മുഴുവൻ ഒരേ ആത്മസ്വരൂപമാണ് എന്ന് കണ്ടുകൊണ്ട് ആത്മൈവേദം സർവം എന്ന ഭാവത്തില് ഒരാളെയും പുകഴ്ത്തും വേണ്ട നിന്ദിക്കും വേണ്ട പ്രകൃതി പുരുഷ ഭേദം പോലും കണക്കാക്കണ്ട പ്രകൃത്യാ പുരുഷേണച് ആരാണോ പരൻ അനാത്മവസ്തു ഉണ്ടെന്ന് കരുതിക്കൊണ്ട് വാക്കുകളെ ഉപയോഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണത് അവൻ സത്പഥത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഭ്രംശം അവൻ അസത്യത്തില് അഭിനിവേശം ഉണ്ടായത് അതുകൊണ്ട് നോക്കു ഇതൊക്കെ അറിഞ്ഞ് മനനം ചെയ്തിപ്പോ മനസ്സിന്റെ തലത്തിലുള്ള തപസിന്റെ ഇഫക്റ്റ് ആയിട്ട് ഇത് വരുള്ളൂ ഉള്ളില് കേട്ട് മനനം ചെയ്ത് ഉറപ്പിച്ച് വർത്തമാനം പറയണത് കൊണ്ട് എത്ര കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ധരിച്ച് മാത്രാലാഭ പുത്രലാഭക്കെ പറയും പുത്രലാഭംന്ന് പറ അതിനേക്കാളും വലിയ ലാഭമാണ് വേണ്ടതു മാത്രം ഋഷി വചനം എന്ന് പറയും ഒരു വാക്ക് രണ്ട് വാക്ക് ഋഷീണാം പുനരാദ്യാനാം വാചമർത്ഥോനുധാവതി ലൗകിക ലൗകികരായിട്ടുള്ളവര് നല്ല മനുഷ്യര് വാക്ക് പ്രയോഗിക്കുമ്പോ അർത്ഥത്തിനെ ചിന്തിച്ച് മനനം ചെയ്ത് ജാഗ്രതയോടുകൂടെ പ്രയോഗിക്കണം ഋഷീണാം പുനരാദ്യാനാം ആ മഹർഷികൾ ഉണ്ടല്ലോ അവർക്ക് വാചമർഥോണുധാവത്തി അവരൊരു വാക്ക് പറയുമ്പോ അർത്ഥം അതിന് പുറകില് വന്ന് ക്യൂ നിൽക്കും എന്നാണ് സത്യപ്രതിഷ്ഠായം ക്രിയാഫലാശ്രയത്വം എന്ന് പതഞ്ജലി യോഗസൂത്രം സത്യത്തിൽ നല്ല നിഷ്ഠ വന്ന ആൾക്ക് അയാൾ പറയണതൊക്കെ സത്യമായിട്ട് തീരും ഇപ്പൊ സത്യമാണ് അടുത്തതേ അനുദ്വേഗകരം വാക്യം ഒരു വാക്കു പറയുമ്പോ ആരുടെയും ചിത്തത്തിൽ വികല്പമോ തുടർന്ന് സംസാരമോ വിഷമങ്ങളോ വരാത്ത വിധത്തില് വാക്കുപയോഗിക്കാമേ വാക്ക് വന്ന് മനസ്സിൽ പ്രതിഷ്ഠിതമാവട്ടെ മനസ്സ് പ്രതിഷ്ഠിതമാവട്ടെ രണ്ടില്ലാതിരിക്കട്ടെ എന്നൊക്കെ ശാന്തിപാഠം ചെയ്തുകൊണ്ടാണ് ഉപനിഷത്ത് ആരംഭിക്കണത് അപ്പൊ ആ വാക്കുപയോഗിക്കുമ്പോ അതുകൊണ്ട് വാക്കിനെ ശരിക്കും ഉപയോഗിക്കാൻ പഠിക്കണമെങ്കിൽ കുറെ കാലം ഏകാന്തമായിട്ട് മുനിയായിട്ടിരിക്കണം മനനം ഈ തത്വങ്ങൾ മനനം ചെയ്ത് മൗനവ്രതമെടുത്ത് വാക്കിനെ ഒന്ന് ശുദ്ധമാക്കിയെടുക്കാം വാചോ വിക്ലാപനം ഹി ം ഹി തത്ത് ശ്രുതി പറഞ്ഞു ഈ സത്യത്തിനെ അറിഞ്ഞിട്ട് അതിൽ തന്നെ മനസ്സിനെ വെക്കുക അതിൽ തന്നെ ബുദ്ധിയെ വെക്കുക അതിനെ തന്നെ ചിന്തിക്കുക പല കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്താൽ യു ആർ കറപ്റ്റിംഗ് വേർഡ്സ് കറപ്റ്റിംഗ് ദ മൈൻഡ് വാക്കിനെ അശുദ്ധമാക്കാൻ കളങ്കപ്പെടുത്തുകയാണ് അതുകൊണ്ട് വാക്കിനെ ഉദ്വേഗമില്ലാത്ത വാക്കുപയോഗിക്കാൻ കുറെ തപസ് വേണം ഭഗവൻ നാമജപം ചെയ്യുന്നു മൗനവ്രതമിരിക്കുന്നു ഇനി പറയാൻ പോണതൊക്കെ വാക്ക് ശുദ്ധിയാണ് സത്യം ആയി തുറന്നാൽ നുണ പറയരുത് ഈ സത്യത്തിന് രണ്ടാമതാ പറഞ്ഞത് നോക്കണം സത്യം പറയണു എന്ന് പറഞ്ഞ് വേറെ ആരെയോ കുറിച്ചുള്ള ദൂഷ്യം സത്യമാണ് ഫാക്ടാണ് അയാളുടെ സ്വഭാവം എനിക്കറിയാം അയാൾ എന്താ ചെയ്തതോ അറിയോ അവിടെ പോയിട്ട് എന്ന് പറഞ്ഞ് തുടങ്ങി നമ്മൾ അത് കേട്ട് കഴിഞ്ഞാൽ എല്ലാ ഉദ്വേഗവും നമ്മളുടെ ഉള്ളിൽ വരും യോഗസൂത്രത്തിലും യമം പറയുമ്പോ സത്യമസ്തേയം എന്ന് പറഞ്ഞു അഹിംസ ഫസ്റ്റ് ഒരു സാധുവിനെ രക്ഷിക്കാനായിട്ട് നിങ്ങള് സത്യമാണെന്ന് പറഞ്ഞിട്ട് അയാളെ കൊലയ്ക്ക് കൊടുക്കരുത് ഹിംസിക്കരുത് അയാളെ ഉള്ളിൽ ഒളിച്ചു വെച്ചു എന്ന് വെച്ചോടാ ആരോ വന്ന് ചോദിച്ചു ഞാൻ സത്യമേ വെളുത അവിടെ ഉണ്ട് ഇരിക്കുന്നുണ്ട് എന്ന് വന്ന് കാണിച്ചു ോബ്രാഹ്മണഹിതാർത്ഥേ എന്ന് ഭാഗവതത്തിൽ തന്നെ വചന ഒരു പശുവിനെ രക്ഷിക്കാൻ സാധുവിനെ രക്ഷിക്കാനായിട്ട് ഒരു ബ്രാഹ്മണനെ രക്ഷിക്കാനായിട്ട് ഋഷിയെ രക്ഷിക്കാനായിട്ട് ഒരു സജ്ജനത്തിനെ രക്ഷിക്കാനായിട്ട് നിങ്ങൾ ഒന്നും പറയാതെ മൗനമായിരുന്നാലും നല്ലത് എന്നൊണ പറഞ്ഞാൽ പോലും അനിർത്തം സ്യാതെന്ന് അപ്പൊ സത്യത്തിനും ആദ്യത്തെ പടി വാക്യമാണ് സത്യം പറയണമെന്ന് പറഞ്ഞ ഇപ്പൊ ന്യൂസ് പേപ്പർ നടന്ന പോലെയാണ് റിപ്പോർട്ട് വായിച്ച മനസ്സ് മുഴുവൻ അശുദ്ധം എന്തൊക്കെ വൃത്തികേടുകളാണ് ന്യൂസ് പറയുന്നത് അല്ലെ സത്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സത്യം എന്താ എന്തൊരിക്കലും മാറില്ലയോ അതാണ് സത്യം എത്തൃഷ്വിഹി അവസ്ഥാവിഹി നവ്യഭിചരത്തി തത് സത്യം അവസ്ഥകളിലും മാറാത്തത് ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഇരിക്കുന്ന ബ്രഹ്മത്തിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ സത്യം ഇവിടെ തപസ് എന്ന് പറഞ്ഞ സത്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തമിഴിലെ ചൊല്ലുവാളെ നെ ടീശ്വരണേനെ ഉള്ളൊണ്ട് വെത്തു പുറമൊണ്ട് പേശുവാർ ഉള്ളിലൊന്ന് വെച്ചു പുറത്തൊന്നു പറഞ്ഞു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി ഉള്ളില് ഞാൻ പറയണത് ശരിയല്ല എന്ന് എനിക്ക് തന്നെ അറിയാം എന്റെ കോൺഷ്യൻസ് മനസാക്ഷി പറയണു ഇത് ശരിയല്ല എന്ന് വായി തുറന്ന് പറഞ്ഞു ഊർജം പോയി ഓജസ് പോയി മങ്ങിപ്പോവും അനുദ്വേഗകരം സത്യം സത്യമേ പറയുള്ളൂ ഏറ്റവും അനുദ്വേഗകരമായ സത്യമാണ് ഈ വേദാന്തവാക്യം അതിൽ ഉദ്വേഗവുമില്ല വികല്പവുമില്ല സത്യമേ ഉള്ളൂ